അവർ പറഞ്ഞു അള്ളാഹുവിന്റെ നാമത്തിൽ ഞങ്ങൾ സത്യം ചെയ്യുന്നു ഞങ്ങൾ രാത്രിയിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും വധിക്കും പിന്നീട് അദ്ദേഹത്തിന്റെ രക്ഷാകർത്താവിനോട് ഞങ്ങൾ പറയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ നാശത്തിന് ഞങ്ങൾ സാക്ഷികളായിരുന്നില്ല എന്ന് തീർച്ചയായും ഞങ്ങൾ സത്യം പറയുകയാണ്